അതേ മനസ്സിൽ ചെന്ന് ലയിച്ചു കഴിഞ്ഞാലോ വിചിത്രമൊക്കെ പോയി വൈചിത്രികം പോയി ഈ വിചിത്രം വൈചിത്രികമൊക്കെ മനസ്സുണ്ടാക്കുന്നതാണ് അപ്പോ മനസ്സിൽ ചെന്ന് ലയിച്ചു കഴിയുമ്പോ ഒന്നുമില്ല അവിടെ നിർപ്രാങ് നിർവികൽപ്പം പുനഃ ദേശകാല കലനാവൈചിത്ര ചിത്രീകൃതം ടൈം സ്പേസ് കോസേഷനോടുകൂടെ വിചിത്രമായ പ്രപഞ്ചം പൊന്തി വരുന്നു എന്നിട്ട് ഇതെവിടുന്ന് പൊന്തി എങ്ങനെ പൊന്തി എന്തൊക്കെയോ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു മായാവീവ വിജംഭയത്യവി മഹായോഗീവയ സ്വേച്ഛയ ഇതിന്റെ ലക്ഷണം തന്നെ എന്താണ് നമ്മൾ സ്വരൂപത്തിൽ ശ്രദ്ധിച്ചാൽ ഇത് കാണില്ല ഇതിൽ ശ്രദ്ധിച്ച് ഇതെങ്ങനെ പൊന്തിയും ചോദിച്ചാൽ ഇന്നത്തെ മോഡേൺ സയൻസിന്റെ കുഴപ്പം നമുക്കും പറ്റും വി വിൽ ഗോ ഓൺ എക്സ്പെരിമെന്റിംഗ് എക്സ്പെരിമെന്റിംഗ് എക്സ്പെരിമെന്റിംഗ് അത് വലിയൊരു ട്രാപ്പാണ് ആ ട്രാപ്പിലിപ്പോ നമ്മുടെ ആളുകൾ വേദത്തിന് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെപ്പോലും അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നൊരു വിചാരിച്ചുകൊണ്ടിരിക്കുക അപ്പോ ബുദ്ധിയുടെ ട്രാപ്പ് ഋഷികൾ ഇതൊന്നും കൊണ്ടുവന്നത് ബുദ്ധിയുടെ മണ്ഡലത്തുനിന്നോ മൈൻഡിന്റെ മണ്ഡലത്തു അല്ല മനസ്സും ബുദ്ധിയും വളരെ ലിമിറ്റഡാണ് അതുകൊണ്ട് എന്ത് ഗ്രഹിച്ചാലും അബദ്ധമേ ആവുള്ളൂ മനസ്സ് എന്ത് പറയണോ സൂര്യൻ രാവിലെ ഉദിച്ച് ഇങ്ങനെ പോകും ശരിയാണോ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കണു ഏ അങ്ങനെയല്ല ഞങ്ങൾ കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു സൂര്യൻ ചലിക്കണില്ല ഭൂമിയാണ് ചലിക്കണത് ഇനി അല്പം കൂടെ ചിന്തിച്ചു നോക്കിയാൽ ഒന്നും ചലിക്കണില്ല എന്ന് പറയണം ഒരു ഘട്ടത്തിലെ അനുസൂതം പോയിക്കൊണ്ടിരിക്കും ഈ മനസ്സിനും ബുദ്ധിക്കും ഒറ്റ തൊഴിലേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചക്രം ചുറ്റിപ്പിക്കാം നമ്മളുടെ അറ്റൻഷൻ എടുത്തുകൊണ്ടേയിരിക്കാം ആ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എപ്പ നിശ്ചലമാവുന്നോ അപ്പൊ പരമാർത്ഥതത്വം പ്രകാശിക്കും യഥാ പഞ്ചാവതിഷ്ഠന് മനസാസഹ ബുദ്ധിശ്ചന വിചേഷ്ടത്തെ താമാഹു പരമാംഗതി അഞ്ച് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ എപ്പം നിശ്ചലമാവുന്നോ അപ്പോ പരമാർത്ഥതത്വം പ്രകാശിക്കും ആ പ്രകാശിച്ചതിനെ വീണ്ടും നമ്മൾ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല അതാണ് വിചിത്രം എന്ന് പറഞ്ഞത് അനിർവചനീയം എന്നും നിർവചിക്കാൻ പോയാൽ കുഴപ്പത്തിൽ കുടുങ്ങിപ്പോകും അപ്പൊ പലതും കാണും പ്രപഞ്ചരൂപത്തില് ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപഥം ഉണ്ടാവതല്ല മമ പണ്ടേക്കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കിൽ ഇഹ നാരായണായനമ ഈ പണ്ടേക്കണക്കെന്താ പ്രാങ് നിർവികൽപ്പം അവിടുന്ന് എന്തൊക്കെയോ പോന്തി ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ഓങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായനമാ ഭഗവാൻ ചാര്യനായി വരുന്നത് എന്തിനാണ് ബോധം വരുത്തുവതിന് എന്താ ബോധം വരുത്താൻ ഈ ശ്രദ്ധയെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും ദൃക്കിലേക്ക് തിരിക്കാനായിട്ട് കാണുന്നത് മുഴുവൻ ദൃശ്യം എങ്ങനെ ദൃശ്യത്തിനെ കാണുന്നു കണ്ണുകൊണ്ട് കാണുന്നു കണ്ണു കാണുവോ മനസ്സ് പുറകെ ഉള്ളതുകൊണ്ട് കാണുന്നു മനസ്സ് കാണുവോ മനസ്സിനെ ബുദ്ധി ശ്രദ്ധിക്കുന്നു ബുദ്ധിയെ ആര് കാണുന്നു ഇതിനൊക്കെ ആര് സാക്ഷി സ്വപ്നത്തിൽ മനസ്സിൽ അനേക ചിത്രങ്ങൾ പൊന്തി വരുന്നതിനെയൊക്കെ ആര് കാണുന്നു അല്ലെ സ്വപ്നം നല്ലവണ്ണം കാണുന്നുണ്ടല്ലോ ആര് അവിടുത്തെ സാക്ഷി ആരാ അവിടുത്തെ ദൃക്കാരാണ് രൂപം ദൃശ്യം ലോചനം ദൃക് തദ്ദൃശ്യം ദൃക്തുമാനസം ദൃശ്യാധീഹി വൃത്തയ സാക്ഷി ദൃഗേവനതു ദൃശ്യത്തെ എല്ലാത്തിനെയും കാണുന്ന ഒരു ദൃക്കുണ്ട് എല്ലാത്തിനെയും കാണുന്ന ഒരു സാക്ഷിയുണ്ട് അത് കാണപ്പെടുന്നില്ല അത് സ്വയമേവ കണ്ണാണ് എല്ലാത്തിനെയും കാണുന്ന കണ്ണാണ് സർവസാക്ഷിയാണ് ആ സ്വാത്മജ്യോതിസ് ബോധസ്വരൂപം ബോധം അതിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിടലാണ് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരിനാരായണായ നമ പ്രപഞ്ചം അനിർവചനീയ പ്രതിഭാസമാണ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോയാൽ ഒരിക്കലും ഒരു അതുകൊണ്ടാണ് അതിന് മായ എന്ന് പറഞ്ഞത് മായ എന്ന് വെച്ചാൽ ില്ലാത്ത സ്ഥലത്ത് എന്തൊക്കെയോ കാണും മരുഭൂമിയിൽ വെള്ളം കാണും മരുമരീച്ച ദൂരത്തൊന്ന് നോക്കിയാൽ അല പോലെ കാണും അടുത്ത് ചെന്ന് ഒന്നുമില്ല നമ്മൾ ഓടി പുറപ്പെട്ട സ്ഥലത്താണ് വെള്ളം കാണുക തിരിച്ചു വന്ന് നോക്കിയാൽ അവിടെ വെള്ളം കാണില്ല ഇല്ലാത്ത സ്ഥലത്ത് കാണുന്ന ആ വെള്ളത്തിന് ആ വെള്ളം നമ്മൾ ആരെങ്കിലുമൊക്കെ ഈ വാട്ടർ എന്താണ് അതിന്റെ ഡെൻസിറ്റി അളക്കാൻ പോവുമോ മരുഭൂമിയിൽ കാണുന്ന വെള്ളത്തിന്റെ അതേപോലെയാണ് ഈ പ്രപഞ്ചവും ഇത് വ്യവഹാരയോഗ്യമല്ല എന്ന് ഋഷികൾ ആരും പറഞ്ഞില്ല പക്ഷേ വ്യവഹാരം ഇത് സത്യമാണെന്നും പരമാർത്ഥമാണെന്നും ധരിച്ചുകൊണ്ടായാൽ അത്യന്തം കുഴപ്പഭാവം അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളുടെ ഋഷികളുടെ സമ്പ്രദായം ഋഷികൾ ആരും തന്നെ ഈ ലോക ജീവിതത്തിനെ പെർഫെക്റ്റ് ആക്കാനും അവർക്കൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു പലതും സുഖസാമഗ്രികൾ പലതും ഇത്രയൊക്കെ ബുദ്ധിയും ആഴത്തിലുള്ളവരും ഋഷികൾ നമുക്ക് രാമായണത്തിൽ കാണാം ഭരതൻ പോകുമ്പോ ഭരദ്വാജൻ ഒരു ക്ഷണം കൊണ്ട് ഇവർക്ക് വലിയ സമൃദ്ധമായി വിരുന്നു ഒരുക്കുന്നു അയോധ്യ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു മിനിറ്റ് വലിയ സമൃദ്ധമായി വിരുന്നു ചാപ്പാട് കിട്ടിയപ്പോ ഭരതന്റെ പുറകെ രാമനെ തേടി പോയ ആളുകളൊക്കെ പറഞ്ഞു ആഹാ ഇങ്ങനെ ഒരു ആശ്രമമുള്ള കാര്യമേ ഞങ്ങൾ അറിഞ്ഞില്ല ഇനി ഞങ്ങൾ ഇനി അയോധ്യയിലേക്കും ഇല്ല ദണ്ഡകാരുണ്യത്തിലേക്കും ഇല്ല സുഖമായി ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു മെ പക്ഷെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഒക്കെ മറിഞ്ഞുപോയി അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ഇത്രയും ശക്തിയുള്ള ഭരദ്വാജൻ അദ്ദേഹം ഒരു മരവുരി കൊടുത്ത് മെലിഞ്ഞ ശരീരത്തോടുകൂടെ ആ ആശ്രമത്തിൽ ഒരു ഫെസിലിറ്റിയും ഇല്ല ഒരു കുടില് അദ്ദേഹത്തിന് നിലത്ത് കിടക്കാൻ ഒരു പലഹ അപ്പൊ ഇത്രയധികം പവർ ഉള്ള ഒരു ഋഷി എന്തിനെ കഴിയണം എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാം എന്തൊക്കെ തന്നെ പുറമേക്ക് നമ്മൾ മോടി ആനന്ദം എന്ന് പറയണത് ഇവിടുത്തെ സെന്ററിൽ നിന്ന് വരണം പുറത്തുനിന്ന് എന്തൊക്കെ തന്നെ കാണിച്ചാലും പെരിഫറൽ ആണ് പെരിഫറൽ ആണ് ഇത് മുഴുവൻ ഇന്ദ്രജാലം എന്ന് പറയാൻ കാരണം അതാണ് എന്തൊക്കെ തന്നെ നമ്മൾ ഇമ്പ്രൂവ്മെന്റോ ഉണ്ടാക്കിയാലും ഇപ്പോഴും നോക്കുക എത്രയധികം പ്രോഗ്രസ് ആയിക്കഴിഞ്ഞു എന്നിട്ട് അനുസൂത നിൽക്കാത്ത ചർച്ചകളും ഡിസ്കഷൻസും പോയിക്കൊണ്ടേയിരിക്കണം ഈ ഡിസ്കഷൻസിന് ഒരു അന്തമില്ലാതെ പോയിക്കൊണ്ടിരിക്കണം കാരണം എന്താ ഈ വിചിത്രമായ ടൈം സ്പേസോടുകൂടിയുള്ള പ്രപഞ്ചത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ടൈമും സ്പേസും നമ്മളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് ഓൾ ടൈം ഈസ് നൌൾ സ്പേസ് ഈസ് ഹിയർ ടൈം എവിടെയാളുള്ളത് നമ്മുടെ സ്വരൂപത്തിൽ ടൈമേ ഇല്ല ആനന്ദത്തിലിരിക്കുന്നവർക്ക് ടൈമേ ഇല്ല When your mind is trapped, ഇനിയൊരു മൈൻഡ് ഈസ് ട്രാപ്ഡ് ഇനിയൊരു അവയർനെസ് ഈസ് ട്രാപ്ഡ് ബൈ മൈൻഡ് യു വിൽ ബി ഓൾവേസ് കോൺഷ്യസ് ഓഫ് ടൈം ഞാൻ ഉണ്ട് എന്നുള്ള കേവല സത്തയില് മനസ് ചിത്തവൃത്തികൾ പൊന്തുമ്പോഴാണ് ടൈം സുഷുപ്തിയിൽ ഏകമാത്രം വൃത്തിയായിരിക്കുമ്പോൾ ടൈമില്ല എണീറ്റ ഉടനെ തോട്ട്സ് ഖണ്ഡസംവി എന്നാണ് പറയുക തോട്ട്സ് ഓരോന്നും വന്ന് ഖണ്ഡിക്കുമ്പോൾ അവിടെ ടൈമുണ്ടായി അതേപോലെ സ്പേസ് ഉണ്ടായി പിന്നെ അനേക ഇമ്പോർട്ടൻസ് ഇതിന്റെ അമർത്തൽ പിടിച്ചമർത്തൽ വേക്കിംഗ് സ്റ്റേറ്റിന്റെ ഗ്രിപ്പ് വൈചിത്യ ചിത്രീകൃതം മായാവീവ വിജൃംഭയത്യ മഹായോഗീവയസ്വേച്ഛയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ വിചിത്രമായ പ്രപഞ്ചം അനിർവചനീയമായ പ്രപഞ്ചം അത് മുമ്പിൽ ഇരുന്നു കൊണ്ടേയിരിക്കുന്നു അത് വ്യവഹാരയോഗ്യമാണെങ്കിലും ആശ്രയോഗ്യമല്ല അല്ലവണ്ണം വ്യത്യാസം അറിഞ്ഞുകൊള്ളണം മായ എന്ന് പറയണത് വ്യവഹരിക്കേണ്ട എന്നല്ല വ്യവഹരിച്ചോള പക്ഷെ ആശ്രയിക്കരുത് എന്നാണ് ആശ്രയം സത്യത്തിനെ ആശ്രയിക്കണം ഭാഗവതത്തിൽ സത്യസ്യ സത്യം എന്ന് ഒരു വാക്കുണ്ട് സത്യസ്യ സത്യം ഋതസത്യനേത്രം എന്ന് വരുമ്പോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം സത്യമായിട്ട് തോന്നുന്നത് പ്രപഞ്ചം സത്യമായത് കൊണ്ടല്ല ഇവിടെയുള്ള വസ്തു സത്യം ഇതിന്റെ സത്യമാണ് അവിടെ പോയി നിൽക്കുന്നത് ഇത് എന്തിനോട് ബന്ധപ്പെട്ടാലും സത്യമാവും എല്ലാറ്റിനും സത്യം കൊടുക്കുന്ന സത്യം സത്യസ്യ സത്യം നമ്മുടെ സ്വരൂപമാണ് നമ്മൾ പറയണതൊക്കെ സത്യമായേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടല്ലോ ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രാരബ്ധകർമ്മമാണ് ഞങ്ങൾ അനുഭവിക്കണം അപ്പൊ പ്രാരബ്ധകർമ്മം സത്യമാവും എന്റെ ജാതകത്തിൽ ഇപ്പ ഏഴേറെ ശനിയാണ് അതുകൊണ്ട് ഞാൻ വിഷമിച്ചേ ഒക്കൂ എന്ന് പറഞ്ഞാൽ വിഷമിക്കും എന്താന്ന് വെച്ചാൽ ഈ സത്യമാണ് പറയണത് ഈ സത്യം എന്തു പറയണോ അതൊക്കെ സത്യം ഈ സത്യത്തിന്റെ പവർ കൊണ്ടുവച്ചാൽ എല്ലാത്തിനും സത്യം വരുന്നു എന്നിട്ട് നമ്മൾ അതിൽ വിശ്വസിച്ചിട്ട് അതിൽ പോയി കുടുങ്ങും അതിന്റെ അടിമയായിട്ടിരുന്നു അപ്പൊ അതിൽ നിന്നും ആ അനിർവചനീയമായ പ്രതിഭാസത്തിൽ നിന്നും വ്യക്തമായി അനുഭവപ്പെടുന്ന ബോധസത്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാൻ വേണ്ടി മാത്രമാണ് എക്സ്പ്ലനേഷൻ അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പൊ ആ ബോധസത്യം എവിടെ അനുഭവപ്പെടുന്നു അതിനാണ് അടുത്ത ശ്ലോകം യഫുണം സദാത്മകം അസത്കൽപ്പത്ഥകം ഭാസത്തെ സാക്ഷാ തീതി വേദവചസാ ബോധയത്യാശ്രിതാൻ യത്സാക്ഷാരണത് ഭവേന്ന പുനരാവൃത്തിർഭവാംഭോനിതൗ തസ്മൈ ശ്രീഗുരുമൂർത്തമ ഇതും ശ്രീദക്ഷിമൂർത്തു സദാത്മകം അസത്കൽക്ക ഭസത്തെ സാമസീതി വേദവജസോ ബോധയശ്രിതാക്ഷാത് കരണ ഭേദ് നവൃത്തിർഭവാംഭോനിതൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തമൂർത്തേതൊരു തന്റെ എന്നുവെച്ചാൽ ഏതൊരു സത്യത്തിന്റെ ഏതൊരു ഭഗവാന്റെ ദക്ഷിണാമൂർത്തിയുടെ സ്ഫുരണം പ്രപഞ്ചം ഒരിക്കലും അനുഭവരൂപത്തിൽ സ്ഫുരിക്കുന്നേയില്ല അതൊരു പ്രതിഭാസം മാത്രമാണ് ഇന്ദ്രിയവേദ്യം മാത്രമാണ് അനുഭവം പ്രതിഭാസം ഇത് രണ്ടിനും അർത്ഥം പറയണം പ്രതിഭാസം എന്ന് വെച്ചാൽ സ്വയമേവ സത്തയില്ലാത്തതാണ് പ്രതിഭാസം അതായത് നിങ്ങളൊക്കെ എനിക്ക് പ്രതിഭാസമാണ് ഞാൻ നിങ്ങൾക്ക് പ്രതിഭാസമാണ് എന്താന്ന് വെച്ചാൽ നിങ്ങളുണ്ടെന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങളെ ഒന്നിൽ കണ്ണുകൊണ്ട് കാണണം എനിക്ക് കണ്ണില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ണ് ഞാൻ അടച്ചാൽ നിങ്ങളുടെ ആരുടെങ്കിലും ഒക്കെ ശബ്ദം ഞാൻ കേൾക്കണം അല്ലെങ്കിൽ പുഷ്പം വല്ലതുണ്ടെങ്കിൽ മണക്കണം അല്ലെങ്കിൽ തൊട്ടുനോക്കണം ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമേ പ്രതിഭാസങ്ങളെ ഗ്രഹിക്കാനൊക്കെയുള്ളൂ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഊഹിക്കുക എന്തോ ഒരു പ്രസൻസൊക്കെ ഫീൽ ചെയ്യുക അങ്ങനെയാണെങ്കിലും മനസ്സ് കരണം അന്ധകരണം അപ്പൊ പ്രതിഭാസത്തിനെ ഒക്കെ ഊഹിക്കാനും ഒക്കെ കണക്ക് ഇറ്റ് നീഡ്സ് ടൈം Any knowledge that comes എനി നോളജ് ദാറ്റ് കംസ് ടു യു വിത്ത് ടൈം ക്യാൻ നെവർ ബി റിയൽ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ അങ്ങനെ വേണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാനും പക്ഷേ പ്രതിഭാസമല്ലാത്തതിന് പേരാണ് അനുഭവം അതിന് ടൈമേ വേണ്ട അത് ടൈം വെച്ചുകൊണ്ട് അറിയണതല്ല എന്തെങ്കിലും ഇന്റർമീഡിയറി എക്വിപ്മെന്റ് വെച്ചുകൊണ്ട് അറിയണതല്ല ഒരു സെൻസസ് ഇന്ദ്രിയങ്ങൾ വേണ്ട അതിന് മനസ്സ് വേണ്ട ബുദ്ധി വേണ്ട സ്വയമേവ അറിവായി ജ്വലിക്കുന്ന ഒരു വസ്തു കൊണ്ട് അത് ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവം സ്വത്വം അതിനെയാണ് ഇവിടെ സ്ഫുരണം എന്നുള്ള വാക്കുകൊണ്ട് പറഞ്ഞത് എസ്ഫുരണം ഇതൊന്നും സ്ഫുരണമല്ല സത്തയ്ക്ക് മാത്രമേ സ്ഫുരണവുള്ളൂ സത്ത സ്വയംപ്രകാശ വസ്തുവായതുകൊണ്ട് അതിന് സ്ഫുരണം എസ്ഫുരണം അത് തന്നെ താൻ തന്നെ അറിയിപ്പിക്കുന്നു ഈ വസ്തുക്കളൊക്കെ തന്നെ അതുള്ളത് കൊണ്ടാണ് അറിയപ്പെടുന്നത് എസ് ചെയ്യ ഏവ ഏതൊരുത്തന്റെ തന്നെ സ്ഫുരണം അസ്തിത്വം സദാത്മകം ഉണ്ട് ഒണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലാണോ സത്താരൂപത്തിൽ സത് എന്ന് വെച്ചാൽ തന്നെ ഉണ്ട് ഞാനുണ്ട് എങ്ങനെ അറിഞ്ഞു എനിക്കറിയണോ അനുഭവം ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് ഞാനുണ്ടോ എന്ന് പറയേണ്ട തൊട്ടു നോക്കിയിട്ട് ഞാൻ ഉണ്ടോ എന്ന് പറയണ്ട ഞാൻ ഉണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇസ് ദ നേച്ചർ ഓഫ് അവയർനെസ് ഇന്റഗ്രൽ സിംഗുലർ എക്സ്പീരിയൻസ് നോൺ ഡുവെൽ എക്സ്പീരിയൻസ് രണ്ടാമത്തതൊന്നും വേണ്ട അവിടെ സദാത്മകം അതിൽ bhasate എന്റെ അസത്കൽപ്പാർത്ഥകം ഭാസത്തെ അതിൽ നിന്ന് അന്യമായിട്ടുള്ളതൊക്കെ തന്നെ ആ സത്തിനെ ശ്രദ്ധിക്കുമ്പോ ബാക്കിയൊക്കെ തന്നെ എക്സെപ്റ്റ് ദാറ്റ് സെന്റർ വെർ യു എക്സ്പീരിയൻസ് ആംനസ് ആംനസ് അയാം അഹമസ്മി എന്നുള്ള ആ അനുഭവം ഒഴിച്ച് ബാക്കിയൊക്കെ തന്നെ അത് ശ്രദ്ധിക്കുമ്പോ വെൻ യു സ്റ്റേ ദർ അതൊരു അഭ്യാസം പോലെ പതുക്കെ അതിനൊരു ചെലവില്ല ഒരു വിഷമമില്ല ഇരിക്കുമ്പോ നടക്കുമ്പോ ബസ്സിൽ പോകുമ്പോ ട്രെയിനിൽ പോകുമ്പോ ഫ്ലൈറ്റിൽ പോകുമ്പോ വെറുതെ ഇരിക്കുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഒരു കളി പോലെ ചെയ്തു തുടങ്ങുക ഞാനുണ്ട് ഈ ഞാൻ എന്താണ് ആശ്ചര്യം എന്താ ഈ മൈക്കിനും എനിക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ ഈ മൈക്കിന്റെ ഉള്ളില് എന്റെ ഉള്ളില് ഉള്ള ഒരു പ്രസൻസ് ഇല്ല ഈ ശരീരത്തിന്റെ ഉള്ളിൽ എന്തോ ഇരിക്കുന്നു അതുള്ളതുകൊണ്ട് ഈ കൈ അനങ്ങുന്നു കാലനങ്ങുന്നു എല്ലാ ചലനങ്ങളും ഏർപ്പെടുന്നുണ്ട് ഇവിടെ എവിടെയോ ഒരു സെന്ററിൽ ഒരു കേന്ദ്രത്തില് ഒരു ബിംബം അനുഭവപ്പെടുന്നുണ്ട് അഹമസ്മി ഞാനുണ്ട് എന്നുള്ള ഒരു ബിംബം അനുഭവപ്പെടുന്നുണ്ട് അതെന്താണ് പതുക്കെ യു സ്റ്റാർട്ട് നോക്കിംഗ് നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ ടു യു ആ നോക്കിംഗ് എന്താണ് ഇതാണ് പതുക്കെ പതുക്കെ പതുക്കെ മുട്ടുക ഞാനുണ്ട് ഉണ്ട് എന്തായി ഞാൻ ഇതിനെന്താ വിഷമം കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഈ വലിയവർ വേണ്ടാത്തതൊക്കെ തലയിൽ കയറ്റിയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് അൺനാച്ചുറൽ നോളജ് ആർട്ടിഫിഷ്യൽ നോളജ് മണ്ടയിൽ കയറ്റിയ അഹങ്കാരവും വളർത്തി പെരുത്ത് എരുമോ പോലെ ആയിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വളരെ സിമ്പിളായിട്ടുള്ള വസ്തു ഉള്ളിൽ കയറാത്തത് വളരെ സിമ്പിൾ സത്യത്തിനെക്കാളും സിമ്പിളായിട്ട് എന്തുണ്ടാവാൻ പറ്റും സത്യം ആണെങ്കിൽ അത് എല്ലാവർക്കും യൂണിവേഴ്സലായിരിക്കണം ഈ സമ്പ്രദായത്തിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ പോയിട്ട് പോകാൻ സത്യം വേണ്ട ഇഷു ബി അവൈലബിൾ ടു ഓൾ ഏത് മഠനും അറിയണം അല്ലേ ഏത് മഠയനും അറിയണം ആരും പഠിപ്പിച്ചു കൊടുക്കാത്തവനും കണ്ടെത്താനുള്ളതായിരിക്കണം അങ്ങനെ എന്തുകൊണ്ട് യൂണിവേഴ്സലായിട്ട് ഒരൊറ്റ എക്സ്പീരിയൻസേ ഉള്ളൂ എന്താണ് ഞാനുണ്ട് എന്നുള്ള അനുഭവം ബാക്കിയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ഒന്നും യൂണിവേഴ്സലല്ല വേദത്തിൽ മാത്രമേ സത്യമുള്ളൂ എന്ന് പറഞ്ഞാൽ വേദം നമുക്ക് മാത്രമേ ഉള്ളൂ വേദം എന്നുള്ളതുകൊണ്ട് നമ്മളൊരു പ്രത്യേക ശബ്ദരാശിയെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ബൈബിൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ നിങ്ങൾ വെച്ചുള്ളൂ ഞങ്ങൾക്ക് വേണ്ട അതൊക്കെ നമുക്ക് പാർശ്വലാണെന്ന് പറയാം പക്ഷേ എല്ലാ ഈ വേദം എവിടെ നിന്ന് വന്നോ ഏത് സെന്ററിൽ നിന്നും പൊന്തി വന്നു ഉപനിഷത്തുകളൊക്കെ ഏത് കേന്ദ്രത്തിൽ നിന്ന് പൊന്തി വന്നു ഏത് കേന്ദ്രത്തിൽ നിന്ന് പൊന്തി സത്യം എവിടെയൊക്കെ ആരൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ അവരൊക്കെ ഏത് സെന്ററിൽ നിന്നുകൊണ്ട് പറഞ്ഞോ ഏത് സെന്റർ ആ സെന്റർ എല്ലാവർക്കും അവൈലബിൾ ആണ് അതാണ് ഏകം സത് വിപ്രാവ് ഹുതാവതന്തി ആ സത്ത് ഒരേ ഒരു സത്ത് അതിനെ ബുദ്ധിയും മൈൻഡ് കൊണ്ട് ഇന്റർപ്രേറ്റ് ചെയ്യുമ്പോ അവരെയവർക്ക് തോന്നിയ പോലെയൊക്കെ പറയണം ഓരോരുത്തരുടെ ഭാവന യേശുക്രിസ്തുവിന് ജ്ഞാനം ഉണ്ടായപ്പോ പ്രാവ് പറഞ്ഞു അത്ര അപ്പൊ നീപ്പൊ പ്രാവ് പറക്കുമ്പോഴൊക്കെ ജ്ഞാനം ഉണ്ടാവണം ഇപ്പൊ വഴിയിൽ വരുമ്പോ രണ്ടു മൂന്ന് പ്രാവ് പറക്കണമെന്നുണ്ടോ ഞാൻ ബാപ്റ്റിസ്റ്റ് ജോൺ ഉപദേശിച്ചപ്പോ പ്രാവ് പറന്നു വന്നു എന്നാണ് പറയുന്നത് പ്രാവ് പറഞ്ഞാൽ ഞാനോണ്ടാവുകയാണെങ്കിൽ വഴിയിലൊക്കെ പ്രാ ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷനാണേ കാക്ക ഇരിക്കുമ്പോ പനമ്പഴം വീണു എന്ന് പറഞ്ഞ പോലെ ബുദ്ധൻ ആലമരത്തിന്റെ ചോട്ടിലിരുന്നു നമ്മളൊക്കെ പോയി ഒരു ആലമരത്തിന്റെ ചോട്ടിൽ പോയി ഇരുന്നാലോ ബുദ്ധന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പൗണ്ടരക വാസുദേവൻ കൃഷ്ണകഥയിൽ ഉള്ള പോലെ എത്രയോ ഒരു നാലോ അഞ്ചോ പേര് ഞങ്ങളാണ് ബുദ്ധൻ എന്ന് പറഞ്ഞിട്ട് ആലമരത്തിന്റെ ചോട്ടിലിരിക്കുണ്ടായിരുന്നു ഈ പുറമേക്കുള്ളതൊക്കെ മാറാം ഓരോരുത്തരുടെ ഓരോ വിധത്തിലായിരിക്കാം പക്ഷെ ഇന്റേണൽ എക്സ്പീരിയൻസ് എല്ലാവരുടെ അനുഭവം സത്താപ്രതീതി സത്താനുഭവം അതാണ് സദാത്മകം ആ സദാത്മകമായ സെന്റർ അതിലെ ശ്രദ്ധിച്ചാൽ അസത്കൽപ്പാർത്ഥകം ഭാസത്തെ ബാക്കിയുള്ള അർത്ഥങ്ങളൊക്കെ തന്നെ അസദ്ഭാസത്തെ അസത് എന്ന് വെച്ചാലോ പ്രതിഭാസം ഒരു സിനിമയിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന സിനിമ പോലെ എല്ലാം കാണപ്പെടുന്നു വിചിത്രമായി കാണപ്പെടുന്നു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നമ്മൾ പോണില്ല കാരണം എന്താ യു ആർ ദ എക്സ്പ്ലനേഷൻ യു ആർ ദ റിയാലിറ്റി ദ ത്വമസി എക്സ്പ്ലനേഷൻ എല്ലാത്തിന്റെ നിർവചനവും നീയാണ് ഈ സെന്ററാണ് അഹമസ്മി എന്നുള്ള ഈ സെന്ററാണ് യോഹമസ്മി അഹമസ്മി അഹമേവാഹമസ്മ ജുഹോസ്വാ ആ ഞാൻ എന്നെ തന്നെ എന്നിൽ തന്നെ ഹോമിക്കേണ്ടിയിരിക്കുന്നു അഹമസ്മി അഹമസ്മി എന്നുള്ള സെന്റർ അതാണ് സദാത്മകം അസത്കൽപ്പത്ഥകം ഭാസത്തെ ഈ പ്രപഞ്ചത്തിനു മുഴുവനുള്ള സോഴ്സ് എവിടെ എന്ന് ചോദിക്കുമ്പോ തത്വമസി സാക്ഷാത് വേദവചസായോ ബോധയ തീ ആശ്രിതാൻ തന്നെ ആശ്രയിക്കുന്നവർക്ക് ആ സദ്ഗുരു പരമകൃപ എല്ലാ അനുഭവമണ്ഡലത്തിന്റെയും സെന്റർ സത്യസ്യ സത്യത്തിന് തത് അത് നീ തന്നെ ആകുന്നു നീ തന്നെ ആകുന്നു എന്ന് വെച്ചാലോ നിന്നിൽ ഏതൊന്ന് അഹമഹം എന്ന് അനുഭവപ്പെടുന്നു അത് തന്നെ ആകുന്നു ഉള്ളിൽ ഏതൊന്ന് ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്നുണ്ടോ പ്രകാശിക്കുന്നുണ്ടോ അത് ഈ ഓരോ സെന്ററിലും ഞാൻ ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്നത് ഓരോ ശരീരത്തിനും വേറെ വേറെ ഞാനില്ല അതുകൊണ്ട് ഈ സെന്ററിൽ ഞാൻ പോയി ചേർന്നാൽ എല്ലാവരുടെ സെന്ററും ഒന്ന് തന്നെ ഒരേ തന്നെ യത്ത് സാക്ഷാത്കരണാത് അങ്ങനെപ്പോ സാക്ഷാത്കരിച്ചാൽ എന്തോണ്ടാവും ഭവേത്ത് ന പുനരാവൃത്തിധൗ ഭധി എന്ന് വെച്ചാൽ സംസാര സമുദ്രം അങ്ങനെ പറഞ്ഞാലോ ഭവം എന്നുള്ള വാക്കിന് അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവും ഭവം എന്ന് വെച്ചാൽ മൈൻഡിന്റെ നേച്ചർ മനസ്സിന്റെ നേച്ചറാണ് ഭവം അതായത് മനസ്സെപ്പോഴും ഭവിക്കല്ലേ ഇരുന്നു കൊണ്ടിരിക്കും കുട്ടിക്കാലം മുതൽ ജനിച്ചത് മുതൽ നമ്മളുടെ മൈൻഡിന് ഒരൊറ്റ മൂവ്മെന്റേ ഉള്ളൂ ഞാൻ എന്താവണം ഞാൻ എന്താവണം ഞാൻ എന്താവണം ലോകത്തിലെ അതാണ് നമ്മളുടെ മൂവ്മെന്റിനൊക്കെ കാരണം ഞാൻ അതാവണം ഞാൻ ഇതാവണം അതാവണം എന്താവണം ഡോക്ടറാവണം എജിനീയറാവണം കമ്പ്യൂട്ടർ പഠിക്കണം അങ്ങനെയിരിക്കണം ഇങ്ങനെ ഇരിക്കണം ഈ ഭാവനയുടെ ഒഴുക്ക് തന്നെ ഭവമാണ് ആ ഭവിക്കിൽ ഭവു ഭവനാനുകൂല വ്യാപാര വിശേഷ ഭവിക്കാനായിട്ട് അനുകൂലമായൊരു വ്യാപാര വിശേഷം അതാണ് ഉള്ളിലുള്ള ഭവം ഒഴുക്ക് അത് ഭവോ നിരോധ സദ്ഗുരു വർണ്ണതനി ഭവോ നിരോധ ഭാഗവതത്തിൽ കൃഷ്ണാവതാരത്തിനും കാരണം വരേണ്ടതാണ് ഭവത്തിനെ നിരോധിക്കാം അത് എപ്പോ കഴിയും ഈ മനസ്സിന്റെ ഒഴുക്കിനെ പിടിച്ച് നിർത്തലല്ല അത് യോഗികളുടെ മാർഗം മനസ്സിനെ പിടിച്ച് നിർത്തൽ വേദാന്തികൾ പറയുന്നത് മനസ്സിന്റെ ഭവത്തിനെ പിടിച്ച് നിർത്തണ്ട അത് ഒഴുകിക്കോട്ടെ അതിന്റെ പുറകിൽ ഒരു ഭവനവുമില്ലാതെ അഭവമായ വസ്തു ഉള്ളിലുണ്ട് അതൊരു ഈ ഒഴുക്കൊക്കെ ഉള്ളപ്പോഴും നദിയിൽ ജലം ഒഴുകിക്കൊണ്ടേ ഇരിക്കുമ്പോഴും അടിത്തട്ട് അനങ്ങാതിരിക്കുന്ന പോലെ ഈ ഒഴുക്കിനെ കണ്ട് ഒഴുകുന്നത് വാസ്തവമാണെന്ന് പഴയ കാലത്ത് ട്രെയിനൊക്കെ ആരംഭത്തിൽ വന്നപ്പോൾ ആളുകൾ ട്രെയിനിൽ കയറിയിരുന്നിട്ട് വിചാരിച്ചത്ര സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ മൂവ് ആകുകയാണെന്ന് ചലിക്കുകയാണെന്നാണ് കുട്ടികൾ ചിലപ്പോൾ ട്രെയിനിൽ കയറിയിരുന്നാ വിചാരിക്കൂതാ മരങ്ങളൊക്കെ പോണു അതുപോലെ മനസ്സ് ചലിക്കുമ്പോ നമ്മളും ചലിക്കുന്നതായിട്ട് തോന്നും നിശ്ചലമായ വസ്തുവാണ് ഞാൻ എന്നറിഞ്ഞാൽ ഒരു ചലനവുമില്ല ഒരു ചലനവുമില്ലാത്ത വസ്തുവാണ് ഞാൻ എന്നറിഞ്ഞാൽ ശരീരം നിരന്തരം പ്രവർത്തിക്കട്ടെ മനസ്സ് നിരന്തരം ചിന്തിച്ചാലും ഒരു ചലനവുമില്ലാത്ത വസ്തുവാണ് ഞാൻ എന്നുള്ളത് അനുഭവത്തിൽ നിൽക്കും ആ വസ്തുവിനെ ശ്രദ്ധിക്കുന്നത് വിട്ടാലോ നമ്മൾ ഈ ഒഴുക്കിന്റെ ഉള്ളിൽ വീണുപോകും ഭവിക്കുക ഭവിക്കുക ഭവിക്കുക ബിക്കമിംഗ് ബിക്കമിംഗ് ആ ബിക്കമിംഗ് വെച്ചുകൊണ്ട് നമ്മൾ സ്പിരിച്വൽ ഫീൽഡിലും വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ടാണ് നമ്മളുടെ ഫെയിലുവർ അധ്യാത്മുണ്ടാ എപ്പോടും ഞാൻ എപ്പ വെൻ ഐ വിൽ ബിക്കം എപ്പോ എനിക്ക് ജ്ഞാനം ഉണ്ടാവും എനിക്ക് എപ്പോ ഈ സാക്ഷാത്കാരം ഉണ്ടാവും ആ എപ്പോ ഇപ്പോ it is ഈസ് നൌ ഓൾവേസ് ദർ ഈസ് ഓൺലി വൺ ടൈം ദാറ്റ് ഈസ് നൌട്ട് ഓഫ് ഇഗ്നറൻസ് യു അഡൽട്രേറ്റ് ദിസ് പ്രസന്റ് മൊമെന്റ് ആസ് പാസ്റ്റ് ഇൻ ഫ്യൂച്ചർ തദ്വർത്തമാന വിഹായത്തത്വം ഹാസ്യാന കിം സ്യാദ് ഗതഭാവി ചർച്ച വിനൈക സംഖ്യാഗണനേവ ലോക വർത്തമാനത്തിനെ പാസ്റ്റും ഫ്യൂച്ചറും കൊണ്ട് പൊലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മളുടെ അനുഭവത്തിൽ വർത്തമാനകാലം മാത്രമേ ഉള്ളൂ മനസ്സാകട്ടെ പാസ്റ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പാസ്റ്റ് ഫ്യൂച്ചർ ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ ആലോചിച്ചു നോക്കൂ എനിക്കിപ്പോ മുപ്പത്തഞ്ച് വയസ്സായിരുന്നു വെച്ചാൽ ഈ മുപ്പത്തഞ്ച് വയസ്സ് ഇപ്പൊ ഉണ്ടോ ഇപ്പൊ ഈ മൊമെന്റ് ഈ ക്ഷണാനുഭവമേ ഉള്ളൂ മുപ്പത്തഞ്ച് വയസ്സ് എവിടെയാ മനസ്സിലാണ് ബ്രെയിനിലാണ് അറുപത് വയസ്സായിരുന്നു വെച്ചാൽ അറുപത് വയസ്സ് എവിടെയുണ്ട് ബ്രെയിനിൽ വെറുതെ ബ്രെയിനിൽ കുറെ ഐഡിയാസ് ഇപ്പൊ ഉള്ളത് എന്താ അഹമസ്മി എന്നുള്ള ഒരേ ഒരു അനുഭവം ആ സെന്ററിലേക്ക് വന്നുകൊണ്ടേയിരുന്നാൽ സദാത്മകം വസ്തു വശത്തില് വന്ന് നിലച്ച് നമ്മൾ പതുക്കെ അഭ്യസിക്ക ഞാനുണ്ട് ഈ എന്താണ് ആദ്യം നമുക്കത് വളരെ മിന്നാമിനുങ്ങു പോലെ തോന്നും മിന്നാമിനുങ്ങു പോലെയുള്ള ആ അനുഭവം ക്രമേണ ഉജ്ജ്വലമായ ബോധസൂര്യനായി പ്രകാശിക്കും മിന്നാമിനുങ്ങു പോലെ പതുക്കെ പതുക്കെ പതുക്കെ ഞാനുണ്ട് ഈ ഞാൻ എന്താണ് ഈ മരിച്ചു പോകുന്ന ശരീരമാണോ ഞാൻ സദാ ചഞ്ചലപ്പെടുന്ന ഈ മനസ്സോ ബുദ്ധിയോ ആണോ ഞാൻ എനിക്കെന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ ഇതൊക്കെ ഞാനാണോ എന്തൊക്കെ വിഷമം ദുഃഖമൊക്കെ വരട്ടെ അസേർട്ട് യുവർ സെൽഫ് ഈ ദുഃഖം വിഷമം ഒക്കെ മാനസികമാണ് അല്ലെങ്കിൽ ശരീരത്തിന്റെയാണ് അവിടുന്ന് ശ്രദ്ധ പതുക്കെ ശരീരവും മനസ്സും അല്ലാത്ത ദിവ്യക്ഷേത്രം തീർത്ഥക്ഷേത്രം അതിപ്പോ ഉണ്ട് നമ്മുടെ ഭഗവാൻ ഇതിനൊരു ഉദാഹരണം പറയും പണ്ഡർപൂരിലേക്ക് പോകാന രാത്രി ഈ ദീപോത്സവം വെച്ചിട്ട് വിളക്ക് കൊളുത്തി വെച്ചിട്ട് രാത്രി മുഴുവൻ പാടി പാടി പാടി ഇവിടെ കൊച്ചിയിൽ നടക്കുകയാണെങ്കിൽ എന്നിട്ട് രാവിലെ നേരം വിളിച്ചാവുമ്പോൾ ദീപോത്സവം കഴിയുമ്പോൾ പണ്ടർപൂർ എത്തി എന്ന് പറയൂ അതേപോലെ ആ വിളക്കിന് ചുറ്റും ഒരു സ്ഥലത്തും മൂവ് എന്നിട്ട് ലാസ്റ്റ് പണ്ഡർപൂരിലെത്തിന്ന് അതൊരു സിംബോളിക്കാണ് എപ്പോഴും നമ്മൾ അവിടെയാണ് ഇരിക്കുന്നത് നമ്മളുടെ സെന്ററാണ് ആ സെന്ററിന് നമ്മള് ചലനമേയില്ല എന്നാൽ ചലിച്ച പോലെയും പുതിയതായിട്ട് വന്ന് എത്തിയ പോലെയൊക്കെ ഒരു ഭ്രമം നമ്മളെയൊക്കെ ബന്ധിച്ചിരിക്കുന്ന പോലെയും ഇപ്പൊ ബന്ധം പോയ പോലെയൊരു ഭ്രമം ഒരാളൊരു നാല് കഴുതകളെയും കൊണ്ടൊരു ഡോബി അലക്കാൻ പോവാണ് പോണ ഒരു കുളത്തില് കുളിക്കാൻ പോയി അദ്ദേഹം അപ്പൊ അവിടെ ഒരു സ്വാമിയുണ്ട് സ്വാമിയുടെ അടുത്ത് പറഞ്ഞു സ്വാമി മൂന്ന് കഴുതകളെ ഞാൻ കെട്ടിയിട്ടു ഒരു കഴുതയെ കെട്ടിയിടാൻ കയറില്ല സ്വാമിയുടെ അടുത്ത് വല്ല കയറ് വല്ലതുണ്ടോ സ്വാമി പറഞ്ഞു ഇവിടെ കയറൊന്നുമില്ല പക്ഷെ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം കെട്ടണ പോലെ കാണിച്ചാ മതി എന്ന് പറഞ്ഞു മൂന്ന് കഴുതകളെ കെട്ടിയിട്ടല്ലേ നാലാമത്തേനെ കെട്ടണ പോലെ കാണിച്ചത് കെട്ടണ പോലെ കാണിച്ചു കഴുത അനങ്ങാതെ നിന്നു വിളിച്ചു വന്നിട്ട് ഇയാള് മൂന്നെണ്ണത്തിനെ അഴിച്ചു നാലാമത്തേന് എത്ര അടിച്ചാലും അത് അനങ്ങണില്ല സ്വാമിയോട് ചോദിച്ചു സ്വാമി എന്റെ കഴുതയ്ക്ക് എന്തു പറ്റി എത്ര അടിച്ചാലതാ അനങ്ങണല്ലോ സ്വാമി പറഞ്ഞു അതിന് നീ അഴിച്ചു വിട്ടിട്ടില്ലല്ലോ സ്വാമി അതിന് ഞാൻ കേട്ടു